സത്യവിശ്വാസികളെ പരസ്പര സമ്മതത്തോടെയുള്ള വ്യാപാരമൊഴികെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്കിടയിൽ അന്യായമായി ഭക്ഷിക്കരുത് നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ കൊല്ലുകയും ചെയ്യരുത് തീർച്ചയായും അള്ളാഹു സുബഹാനു ഹൂവത്ത ആല നിങ്ങളോട് കരുണയുള്ളവനാണ്